ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി യജ്ഞങ്ങളിൽ ഏറ്റവും എളുപ്പമാണ് ജപം ഭഗവന്നാമം ജപം ചെയ്യും സിദ്ധി ജപാത് സിദ്ധി ഭഗവന്നാമത്തിന് ജപിച്ചാൽ മതി വേറൊന്നുമില്ലെങ്കിലും ഏകമക്ഷരം നിരന്തരം ഹൃദയത്തിൽ ജപിച്ചുകൊണ്ടേയിരിക്കാം ഭഗവന്നാമത്തിന് വിടാതെ ജപിച്ചുകൊണ്ടിരിക്കുക അനേക അക്ഷരങ്ങളിൽ ഏകാക്ഷരം അനേക അക്ഷര അക്ഷരങ്ങളെ പലവിധത്തിൽ മാറ്റണതാണല്ലോ മന്ത്രം ആ മന്ത്രങ്ങളെ നിരന്തരം നിരന്തരം നിരന്തരം ഉരുവിട്ട് ഉരുവിട്ട് ഉരുവിട്ടാണ് അതിൽ ചൈതന്യം പ്രവേശിക്കണത് അതിൽ ചിത്ത് പ്രവേശിക്കണത് ഇന്നിപ്പോൾ നമ്മള് ശാരദാ അഷ്ടകം എന്ന് പറഞ്ഞൊരു സ്തോത്രം യജ്ഞപ്രസാദായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ആത്മതീർത്ഥം എഴുതികൊണ്ടേ വരുമ്പോൾ കുറെ ശ്ലോകങ്ങൾ നമ്മളുടെ ശ്ലോകങ്ങൾ അതിനുള്ളുണ്ട് അപ്പൊ അതില് ഭിക്ഷാസ്തോത്രം അന്നപൂർണേശ്വരി ഭിക്ഷാസ്തവം പോലെ എഴുതി വന്നപ്പോഴാണ് ശാരദാ ഭിക്ഷാസ്തവം എന്ന് പറഞ്ഞ് ഭിക്ഷാന്ഹി വിധീന്ദ്ര ദിവ്യമഹിളെ എന്ന് തുടങ്ങുന്ന സ്ത്രോത്രം എട്ട് ശ്ലോകങ്ങളുണ്ട് അതിൽ അത് ലാസ്റ്റിലായി ചിദ്ഗർഭാംഗിത വൃത്തികാമി ഭജേ ത്വാമേവ യോഗാമ്പ എന്നാണ് അവസാനി ചിദ്ഗർഭാംഗിത വൃത്തിക ചിത്തവൃത്തിയില് ചിത്ത് പ്രവേശിക്കുമ്പോഴാണ് ചിദ്ഗർഭാംഗിത വൃത്തികയാവുന്നത് ചിത്തിനെ ഗർഭത്തില് വച്ചുകൊണ്ടുള്ള ചിത്തവൃത്തി ചിദ്ഗർഭാംഗിത വൃത്തികാമി ഭജേ അപ്പൊ ചിത്തത്തില് ചിത്തവൃത്തി ചിത്തിനെ ഗർഭം ധരിക്കുകയാണ് ബോധത്തിനെ ഉള്ളിലടക്കം ചെയ്യാണ് അങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുന്ന വൃത്തി ആവുന്നതാണ് ജപം ഒരു വീട്ട് ജപം സിദ്ധിയാവുക എന്നൊക്കെ പറയണത് അതാണ് ജപം മന്ത്രത്തിന്റെ ഉള്ളില് ഭഗവാൻ പ്രകാശിക്കണു മന്ത്രരൂപത്തില് ഭഗവാൻ പ്രകാശിക്കണം അപ്പോ ജപയജ്ഞോസ്മി ജപയജ്ഞം ഞാനാണ് സ്ഥാവരാണാം ഹിമാലയ Any chunk is longo couture. And <Hai> hmm. huh. racers, a lot is peace. Any fool. If you eatoples, you have probably been big. Violent will pay sale. Everybody knows something like moim ils and the well CAAB We know they are looking a little bit harta to work in the своих needs. You see a parasite sitting there and you see a bit. അവര് ഈ കഴിഞ്ഞ ജന്മത്തിൽ പെരിച്ചാഴിയായിട്ടൊക്കെ ഇരുന്നവരായിരിക്കും ഈ ജന്മത്തിൽ പെട്ടെന്ന് ആ പെരിച്ചാഴി ഭാവം തോന്നിയിട്ട് ചിലർക്ക് വിഷ്ണുഭാവം ശിവഭാവം ഒക്കെ വരുന്ന പോലെ ഈ കൂട്ടർക്ക് പെരിച്ചാഴിയായിട്ട് മാറിയിട്ട് സാധാ പെരിച്ചാഴിയല്ല വലിയ വല്യ ചാഴി അവരാണ് ഈ ജെ സി ബി ഇതൊക്കെ കണ്ടുപിടിച്ച് മലയൊക്കെ മാന്തി എടുത്ത് മലയൊക്കെ റോഡായി മാറണം ചില സ്ഥലങ്ങളൊന്നും മലയൊന്നും കാണാനില്ല മനുഷ്യ ജന്മം വരുമ്പോഴേക്ക് എല്ലാ പ്രാണികളും അതിനകത്തുണ്ടാവേ അപ്പൊ ചിലർക്കൊക്കെ ചിലപ്പോ മനുഷ്യ ശരീരത്തിനുള്ളിൽ അവർ കടന്നു ഏതെങ്കിലും ഒരു ക്രീച്ചർ തലതൂക്കും പൊക്കി നിൽക്കും അപ്പൊ ചിലപ്പോ അതിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഞാൻ തമാശ പറയല്ല അത് തമാശയായിട്ട് നിങ്ങൾ തോന്നണുണ്ടെങ്കിലും ഞാൻ വാസ്തവായിട്ട് തന്നെയാ പറയണതരം ആ ജന്മം ചിലപ്പോ അതിന് ബുദ്ധിയും കൂടെ ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ബുദ്ധി ഇല്ലാത്തത് അത്യാവശ്യം പച്ചമുളക് അരിയും മാന്തിയിട്ട് നിർത്തണു അതിനൊരു ജെ സി ബി കണ്ടുപിടിച്ചാൽ നമ്മളുടെ വീട് എന്താവും ആലോചിച്ച് നോക്കും അതുകൊണ്ടാണ് ഭഗവാൻ അതിനൊന്നും ബുദ്ധി കൊടുക്കാത്തത് അതിനും ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ കെട്ടേണ്ട താമസം കൊണ്ടുപോകും കുറച്ചു ദിവസം വിട്ടിട്ട് പോയാൽ അവരാണ് താമസക്കാരെ സ്ഥലത്തിലും അവർക്ക് ഈ ബുദ്ധിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരാണ് മനുഷ്യരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് മല മന്ദ ഇപ്പൊ മദ്രാസിലിപ്പോ പോയപ്പോ ഒരു ആറുമാസം മുമ്പ് പോയപ്പോ ഒരു പന്ത്രണ്ട് നില കെട്ടിട ഇപ്പൊ കെട്ടിയതാ കെട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നിയത്ര ഇത് ശരിയില്ല എന്ന് രണ്ടാമത് മുമ്പ് കാണാനില്ല അത് പൊളിക്കാൻ പത്തു കോടി രൂപ ചെലവാക്കി എന്നാണ് പറഞ്ഞത് ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ അടുത്തുള്ളതാണ് അക്രമം നോക്കൂ അപ്പൊ മല മല എന്നാണിപ്പോൾ നമ്മളിതിലേക്ക് വന്നത് മലകളിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ ഹിമാലയമാണ് സ്ഥാവൃാദേവർഷീണ ഗന്ധർവാണ ചിത്രരഥാ സിദ്ധാ കുനി വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണ് അശ്വത്ഥം എന്നുവെച്ചാൽ നാളേക്ക് നിൽക്കാത്തതെന്നാണ് അർത്ഥം പക്ഷെ ചിരഞ്ജീവി എന്നും അർത്ഥം പറയണ്ടവിടെ എന്തായാലും അരയാൽമരം വൃക്ഷങ്ങളിൽ ഞാനാണ് ഒരു ഒരു സം ഒരു രസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാരതത്തിന് പുറത്തു കാണാനില്ല അതാണ് അദ്ദേഹം ചില വൃക്ഷങ്ങളൊന്നും തന്നെ പുറമേക്ക് പല സ്ഥലങ്ങളും പല രാജ്യങ്ങളിലും ഇല്ല തുളസി അവിടെ ഇല്ല പുറത്തുപോയി കഴിഞ്ഞില്ല ബേസിലെന്ന് പറയണ്ട അത് തുളസി ഒന്നുമല്ല ലേ തുളസി ഒന്നുമല്ല ഈ അശ്വത്ഥം ഇവിടെയുള്ളൂ തുളസി ഇവിടെ ഉള്ളൂ ഏഷ്യാറ്റിക് കൺട്രീസിൽ വേറെ എവിടെയെങ്കിലും പിന്നെ കുറച്ചുണ്ടാവുമായിരിക്കും പുറത്ത് ഇല്ല വേറെ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അശ്വത്വം എന്ന് പറയുന്നത് അവിടെ ഇല്ല അശ്വത്വ സർവവൃക്ഷാണോ അതൊക്കെ ദേവവൃക്ഷങ്ങളാണ് നാം അശ്വത്വ പ്രദക്ഷിണം അശ്വത്വ ജ്ഞാനികളാണ് വൃക്ഷത്തിന് നടുവിൽ അവർ ജ്ഞാനികളും മഹായോഗികളും ഒക്കെയാണ് അത്രയും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അശ്വത്വത്തിന് പ്രദക്ഷണം ചെയ്യുക നമസ്കരിക്കുക പൂജിക്ക എന്തൊക്കെ സംസ്കാരം നമുക്കിപ്പോയിരിക്കണം എത്ര അശ്വത്വമാ പഴക്കി അറിഞ്ഞിരിക്കണം അറിയോ റോഡ് കെട്ടാൻ വേണ്ടിയിട്ട് അശ്വത്ഥ സർവപക്ഷാണി നാം ചെന്ന നാരദ ദേവ ഋഷികളിൽ ഞാൻ നാരദനാണ് ദേവ ഋഷികളിൽ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള നാരദൻ ഞാനാണ് ഗന്ധർവാണാം ചിത്രരഥ ഗന്ധർവന്മാരിൽ ഏറ്റവും സുന്ദരനാണ് ചിത്രരഥൻ സൗന്ദര്യത്തിന് ഗന്ധർവന്മാർ മുഖ്യരാണ് അതുകൊണ്ട് ചിത്രരഥ സിദ്ധാ നാം കപിലോ മുനി സിദ്ധന്മാരിൽ ഞാൻ കപില ഭഗവാനാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ കപിലനെ ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നു പറഞ്ഞു അടുത്തത് ഉച്ചവസമശ്വാന വിദ്ധിമാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാധിപം കുതിരകളിൽ ഉച്ചൈശ്രവസ് എന്നൊരു കുതിര സമുദ്രം കടഞ്ഞപ്പോൾ വന്നതാണ് അമൃതത്തിനായി കടൽ കടഞ്ഞപ്പോൾ പൊന്തിയതാണ് ഉച്ചൈശ്രവസ് ആ ഉച്ചൈശ്രവസ് ഞാനാണ് ഈ കുതിര എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ഉപനിഷത്ത് വർണ്ണിക്കുന്നുണ്ട് ചാന്തകോ ബ്രേധാരണയൊക്കെ തുടങ്ങുമ്പോൾ അവിടെ അശ്വമേധ യാഗത്തിനെ പറഞ്ഞിട്ട് ഈ വിശ്വം തന്നെ അശ്വമാണെന്നൊക്കെ പറയണ്ട അത് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഉച്ചയ് ശ്രവസം അശ്വാനാം ഐരാവതം ആനകളിൽ ഞാൻ ഈ ഗജേന്ദ്ര ഐരാവതമാണ് ഇന്ദ്രന്റെ നാല് ആനയായ ഐരാവതമാണ് ഞാൻ ഐരാവതം വെളുത്ത ആനയാണ് നാരാണാംച്ചാധിപം മനുഷ്യരിൽ ഞാൻ മനുഷ്യർക്ക് വേണ്ട നന്മയൊക്കെ ചെയ്തു കൊടുത്ത് സംരക്ഷണം ചെയ്യുന്ന രാജാവ് ഞാനാണ് ഇതൊക്കെ പഴയ കാലത്തുള്ള വിശ്വാസമാണ് രാജ്യഭരണം ചെയ്യുന്ന രാജാവ് നരാധിപനായ രാജാവ് ഭഗവാന്റെ സ്വരൂപമാണെന്നാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോ രാമേശ്വരത്തില് പാമ്പൻ പാലം കഴിഞ്ഞാൽ വലതുവശത്തേക്ക് പോയ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന് പേര് കുന്ദുകാൽ എന്നാണ് പേര് തമിഴില് അവിടെയാണ് വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ വിജയമൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഇറങ്ങിയത് അപ്പൊ അന്നത്തെ രാജാവ് സേതുപതി അദ്ദേഹം വിവേകാനന്ദ സ്വാമിയെ അവിടെ വെച്ച് വരവേറ്റും ഭാസ്കര സേതുപതി അവിടെ വെച്ച് വരവേറ്റും അപ്പൊ ഞാൻ വിചാരിച്ച വിവേകാനന്ദ സ്വാമി കാലുകുത്തിയത് കൊണ്ടാണ് കുന്തുകാലിന് പേര് വന്നത് എന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല കഥ സ്വാമി വന്ന് ബോട്ടിൽ ഇറങ്ങുമ്പോൾ കപ്പലെന്ന് ബോട്ടിലേക്ക് വന്ന് ബോട്ടിൽ വന്ന് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഭാസ്കര സേതുപതി അന്നത്തെ രാജാവ് സ്വാമിയുടെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു ബോട്ട് അങ്ങ ഇറങ്ങുമ്പോ അങ്ങയുടെ കാല് എന്റെ തലയിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് കാലുകുന്തിയിരുന്നു അത്രേ മുട്ടുകുത്തിയിരുന്നു അങ്ങനെയൊരു സംസ്കാരമുള്ള രാജ്യമാണ് അത് കാട്ടുകുത്തിയിരുന്ന് സ്വാമികളുടെ അടുത്ത് ആ കാൽ എന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു അത്രേ അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു നാരാണാം ചരാധിപം ഭഗവാൻ ഗീതയിൽ പറയണു രാജാവ് എന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് അതുകൊണ്ട് രാജാവിന്റെ ശിരസില് കാലുവെക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത്ര ചോട്ടിലിറങ്ങിയത് എന്നിട്ട് സ്വാമിയെ വണ്ടിയിൽ വെച്ച് ഭാസ്കര സേതുപതി രാജാവ് വണ്ടി വലിച്ചു ആ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പൊ നരാണവംശനരാധിപം ആയുധാനാമഹം വജ്രഹാം ധേനൂ പ്രജനശാസ്മി കന്ദർപ്പഹാം സർപ്പാണാമസ്മി വാസുഖിഹി ഇന്ദ്രന്റെ ആയുധമായ വജ്രം ഏറ്റവും പവർഫുൾ വെപ്പൺ അത് ഞാനാണ് ന്യൂക്ലിയർ പവറൊക്കെ തന്നെ ഭഗവാൻ ഞാനാണെന്നാണ് പറയണത് എന്നുവച്ചാൽ അതൊക്കെ ഓരോ സയന്റിസ്റ്റിന്റെ ബുദ്ധിയിൽ തോന്നിപ്പിച്ച് അവരെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചതൊക്കെ ഞാനാണ് അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുത്തതൊക്കെ ഞാനാണ് എന്തിനാ അതൊക്കെ ഭഗവാനെ ചെയ്യണത് സമയം വരുമ്പോൾ ഒക്കെ കൂടെ ഒന്നിച്ച് കൊളുത്തിവിടണം എളുപ്പത്തിൽ കാര്യം നടത്താൻ സംഹാരം എന്റെ പണിയാണല്ലോ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ സൗകര്യം വരുമ്പോൾ ഇതൊക്കെ കൂടെ ഒന്നിച്ചങ്ങട്ട് പൊട്ടിക്കും ഒരു കരിമരുന്ന് പ്രയോഗം അതുകൊണ്ട് ആയുധാനാമഹം വജ്രഹ വജ്രം ഞാനാണ് ധേനു നാമസ്മി കാമതു കാമധേനു ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന കാമധേനു ആ ദേവ പശുവായ കാമധേനു ഞാനാണ് ജീവികളിൽ സന്താനോത്പാദനത്തിനായിട്ടുള്ള കാമേച്ച വെറും സങ്കല്പ കാമേച്ചല്ല അല്ല ധാർമ്മികമായി പ്രജോത്പത്തിക്കായിട്ടുള്ള ശക്തി ഞാനാണോ എന്നാണ് പറഞ്ഞത് അത് അതാണ് അന്ന് പറഞ്ഞത് ഇതിൽ വ്യാജാണെന്നാണ് കുട്ടികൾ ജനിക്കുന്നത് ഡിസെയർ കൊണ്ടോ മൈൻഡ് കൊണ്ടോ ഇവന്റെ സാമർഥ്യം കൊണ്ടോ ഒന്നും അല്ല ഈശ്വരനീയത്തിയാണ് പ്രജനശ്ചാസ്മി കന്തർപ്പഹാം സർപ്പാണാമസ്മി വാസുഖിഹി സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ് സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ് എന്ന് പറഞ്ഞത് ഈ വാസുകിയാണ് മന്ദരപർവ്വതത്തിന് കയറായിട്ട് കെട്ടിയത് അല്ലേ അതാണ് ശിവന്റെ കഴുത്തിൽ ഇരിക്കണത്ര സർപ്പാണാമസ്മി വാസുകിഹി എന്തൊക്കെ ഭഗവാന്റെ അടുത്ത് പോകുന്നു അതൊക്കെ ഭഗവാൻ അനന്തൻ നാഗങ്ങളില് സർപ്പങ്ങളിൽ വാസുകി ഇതിന് രണ്ടിനൊപ്പം വ്യത്യാസം ഉണ്ടെന്നാണ് സർപ്പാണാമസ്മി വാസുകി ഈ വാസുകിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻ അഗ്നി എങ്ങനെ കാണ്ടവദാഹം ചെയ്യുമ്പോൾ വന്ന് രക്ഷിക്കാൻ വാസുകിയെ രക്ഷിക്കാൻ നോക്കുകയാണ് വാസുകി അതിനകത്തുണ്ട് ശിവന്റെ കഴുത്തിൽ ഇരിക്കുന്ന നാഗം ഭഗവാന്റെ അടുത്തിരിക്കുന്നത് തന്നെ അത് വിശേഷം കൊണ്ടാണ് ഈശ്വര സാന്നിധ്യ ഒരു തമിഴ് പാട്ടുണ്ട് പഴയ തമിഴ് പാട്ടുണ്ട് ശിവന്റെ കഴുത്തിൽ കിടക്കണ പാമ്പ് ഗരുഡനെ കൊണ്ട് ചോദിച്ചു അത്രേ ഗരുഡാ സൗഖ്യമാ എന്ന് ചോദിച്ചു പക്ഷെ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോ ഭയല്ലല്ലോ ആ വാസു കി ഞാനാണ് പറഞ്ഞു അനന്താനം വരുണോ യാദസാമഹം പിതൃണാമര്യമാജാസ്മി യമ സംയമതാമഹം അനന്താസ്വിനാഗാനാം നാഗങ്ങളിൽ ഞാൻ അനന്തനാണ് പത്മനാഭസ്വാമി അനന്തന്റെ മേലെയാണല്ലോ കിടക്കുന്നത് അവിടെ പണ്ട് അനന്ത കാടായിരുന്നു അത്രേ ആ കാടില് അനന്തനുണ്ടായിരുന്നു അവിടെയാണ് ഭഗവാന്റെ സാന്നിധ്യം കണ്ടത് അപ്പൊ അനന്തശാസ്വിനാഗാനാം നാഗങ്ങളിൽ ഞാൻ അനന്തനാണ് ജലജീവികളിൽ ഞാൻ വരുണനാണ് പിതൃക്കളിൽ അര്യമാവ് ഞാനാണ് പിതൃണാം അര്യമായമതാമഹം സംയമിക്ക ഡിസിപ്ലിൻ ചെയ്യ ലോകത്തിന് മുഴുവൻ അടക്ക നിയമനം ചെയ്യുന്ന ആളാണ് യമൻ സമയത്തിന് കൊണ്ടുപോവാൻ അദ്ദേഹം വന്നാലേ ശരിയാവുകയുള്ളൂ അതുകൊണ്ടാണ് ദിവസം സന്ധ്യാവം യമായ ധർമ്മ ൃത്യവേചാന്തകായ ചൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച തെക്കോട്ട് നോക്കി നമസ്കരിക്കാം എന്തിനാ സമയത്തിന് വന്ന് കൊണ്ടുപോണം ലേറ്റ് ആക്കരുത് സമയത്തിന് വന്ന് കൊണ്ടുപോകണം അദ്ദേഹം സമയമാവുമ്പോ അദ്ദേഹത്തിന് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും സംയമനം സംയമനീപതിഹിയാണ് അദ്ദേഹം യമ സംയമതാമഹം അടുത്തത് പ്രഹ്ലാദശാസ്മിതൈത്യാമഹം മൃഗാണേന്ദ്രോഹം വൈനത്തെയശ്ച പക്ഷി അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ് ഭാഗവതം നോക്കിയാൽ അറിയാം നമുക്ക് നാരദൻ വന്ന് അവസാനം ഹിരണ്യകശിപുവിനടുത്ത് മൂട്ടിക്കൊടുക്കണത് അതാണ് ഹിരണ്യകശിപു അവസാനം ഇത്തിരി ഒന്ന് മാറണ പോലെ തോന്നി ഹിരണ്യകശിപു പറഞ്ഞു ഈ കുട്ടിയുടെ ഉള്ള എന്തോ ഒരു വൈഭവുണ്ട് ഞാൻ എത്ര ദ്രോഹിച്ചാലും അവനൊന്നും പറ്റുന്നില്ല ഒന്നുമില്ലെങ്കിൽ എന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ഇരണ്യകശിപു വിചാരിച്ചിരിക്കുമ്പോൾ നാരദൻ പറഞ്ഞു അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോ പറഞ്ഞു അത് വൈഭവം കാരണമൊന്നുമല്ല നീ അന്വേഷിക്കുന്നു വിഷ്ണുണ്ടല്ലോ വൈകുണ്ഠത്തിലൊന്നുമില്ല എന്റെ മകന്റെ ഉള്ളിലാണ് അപ്പോഴാണ് ഇരണ്യകശ്യപൂവിന് കോപമൂത്തത് പ്രഹ്ലാദാസ് ദൈത്യാനാം അസുരന്മാരിൽ പ്രഹ്ലാദൻ സാക്ഷാത് ഭഗവത് സ്വരൂപിയാണ് കാരണം എല്ലായിടത്തും ഭഗവാനെ കാണുന്നവൻ ഭഗവാൻ തന്നെയാണ് പ്രഹ്ലാദശാസ്മി ദൈത്യാനാം കാലഹ എല്ലാരെയും കലനം ചെയ്യുക പിടിക്കുക എല്ലാരെയും സംഹരിപ്പിക്കുക അങ്ങനെയുള്ള മാറ്റിക്കൊണ്ടേ കാലുണ്ടല്ലോ ആ കാലം ഞാനാണ് ടൈം ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഏഴു ദിവസവും പോരാ നമുക്ക് കാല കലയതാമഹം കാലം എന്ത് ചെയ്യും ഇറ്റ് കോൺസ്റ്റന്റ് മേക്സ് യു ചേഞ്ച് ം കർമ്മം കാലത്തിനുള്ളിലാണ് കർമ്മം ചെയ്യണത് കർമ്മം കൊണ്ട് സ്വഭാവം ഉണ്ടാവും സ്വഭാവം കൊണ്ട് കർമ്മം ചെയ്യും കാലത്തിനുള്ളിൽ കർമ്മം നടക്കും ഇത് മൂന്നും കണക്റ്റഡാണ് കാലം കർമ്മം സ്വഭാവം ഇതൊക്ക മായയാണ് കലയതാം അഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം മൃഗങ്ങളിൽ ഞാൻ സിംഹമാണ് വൈനതേശ്ച പക്ഷിണാം പക്ഷികളിൽ ഞാൻ ഗരുഡനാണ് രാമ ശസ്ത്രഭൃതാ വീശുന്നതിൽ ഞാൻ കാറ്റാണ് ലോകത്തെ ശുദ്ധീകരിച്ച് സദാ സഞ്ചരിക്കുന്നതിൽ ുന്നു ശസ്ത്രം ആയുധം ധരിച്ചവൽ ഞാൻ രാമനാണെന്ന് രാമായണത്തില് കോതണ്ടം കയ്യിലെടുത്തപ്പോ കാനനം മുഴുവൻ പ്രകമ്പനം കൊണ്ടുപോകുന്നു ശസ്ത്രം കയ്യിലെടുത്തപ്പോ രാമൻ എപ്പോഴെങ്കിലുമൊക്കെ ശസ്ത്രം എടുക്കുകയുള്ളൂ ശസ്ത്രം കയ്യിലെടുത്തപ്പോ ആ യുദ്ധത്തിനെ കുറിച്ച് രാമരാണ യുദ്ധത്തിനെ കുറിച്ച് പറയണു ഗഗനം ഗഗനാകാരം രാമ കയ്യില് ധനുസെടുത്തതും രാമനാണ് ഞാൻ രാമനാണ് ശസ്ത്രഭൃതത്തിൽ ഞാൻ രാമശ്രഭൃതാം അത്രയല്ല ആയുധം കയ്യിലെടുക്കുന്നതിന്റെ പ്രയോജനം എന്താ ധർമ്മ സംരക്ഷണാണ് പരിത്രാണായ സാധൂനാം വിനാശ അയച്ച ദുഷ്കൃതാം ദുഷ്ടന്മാരെ നശിപ്പിക്കാനാണ് ആയുധം അത് ആരുടെ കയ്യിലുണ്ടോ അവൻ ഞാനാണ് ജഷാണ മത്സ്യങ്ങളിൽ മകര മത്സ്യമാണ് ഒഴുകുന്ന നദികളിൽ ഞാൻ ഗംഗയാണ് എന്ന് പറഞ്ഞത് मध्यम സർഗാണമാതിരന്തശ वादप्रवदताम ചൈവാഹമർജുനധ്യാത്മവിദ്യാദ പ്രവദത്തമഹം സർഗങ്ങളിൽ ആദ്യ അന്ത സൃഷ്ടിയുടെ ആരംഭവും ഞാനാണ് അവസാനവും ഞാനാണ് മധ്യവും ഞാനാണ് കാലം മുഴുവൻ എന്റെ സ്വരൂപമാണ് വിദ്യകളിൽ അധ്യാത്മവിദ്യ ഞാനാണ് ഈ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ സർവവിദ്യ പ്രതിഷ്ഠ ഈ ബ്രഹ്മവിദ്യ ഞാനാണ് വാദങ്ങളിൽ പ്രവതതാം പറയുന്നതിൽ വാദം വിദണ്ഡാവാദമല്ല അർത്ഥ നിരൂപണം ചെയ്യാനാണ് ശങ്കരാചാര്യസ്വാമികൾ ഭാരതത്തിൽ സഞ്ചരിച്ച് പല ആളുകളോടും വാദിച്ചു വാദിക്കാന്ന് വെച്ചാൽ ചണ്ടകൂടുക എന്നല്ല അർത്ഥം വേദാർത്ഥത്തിനെ നിശ്ചയിക്കാനായിട്ട് നിരൂപണം ചെയ്യാനായിട്ട് വേദം എന്താണ് പറയണത് ഉപനിഷത്ത് എന്താണ് പറയണത് എന്ന് നിരൂപിക്കാനായിട്ടുള്ളതാണ് വാദം മണ്ഡനമിശ്വരന്റെ വീട്ടിൽ പോയിട്ട് വാദഭിക്ഷയാണ് ചോദിക്കുന്നത് എനിക്ക് വാദഭിക്ഷ തരൂ കർമ്മകണ്ഡമാണോ ജ്ഞാനകണോ തീരുമാനിക്കണം നിരൂപണം ചെയ്യാദക്ഷയം विश्वतो മുഖ അക്ഷരങ്ങളിൽ അക്കാരം അതാണ് ഈ അനാഥൻ എന്ന് പറയുമ്പോ അകാരവാച്യ നാരായണ നാഥാം ആ നാഥ അനാഥൻ ആരുമില്ല എന്നാണ് ആ എന്നു പറഞ്ഞാൽ നാരായണൻ എന്നർത്ഥം നാരായണൻ ആരുടെ കൂടെയുണ്ടോ അവൻ അനാഥൻ എന്നുവെച്ചാൽ ലോകത്തിൽ വേറെ ആരുമില്ല പക്ഷെ ഭഗവാനുണ്ട് ആ എന്നുള്ള അക്ഷരം നാരായണനാണ് പ്രണവത്തിൽ അത് ആദ്യക്ഷരം ആ മധ്യ അക്ഷരം ഉ അവസാനത്തെ അക്ഷരം മ സംഹാരം ശിവൻ മ ഉ മ ഉ മ പ്രണാമം തിരിച്ചു വായിച്ചാൽ ഉമാ ഉമാ സൃഷ്ടിശക്തി മായ അകാര അക്ഷരാണകാരോസ്വന്ദ് സമാസങ്ങളിൽ ദ്വന്ദ് സമാസമാണ് അഹമേവാക്ഷയ കാലം ജാനാണ് ധാതഹം വിശ്വത്തോ മുഖ ആലുഭാഗത്തു മുഖമുള്ള വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ അങ്ങനെയുള്ള ബ്രഹ്മാവ് ഞാനാണ് അടുത്ത ശ്ലോകം മൃത്യുസർവഹരശാഹം ഉദ്ഭവശ്ശ ഭവിഷ്യതാം സ്മൃതിർമേക്ഷ ഓരോന്നായി പിന്നെ എടുത്തു പറയാം ഇപ്പൊ നമ്മളിങ്ങനെ സമാ സമാ ഇത് എടുത്തു നോക്കുമ്പോ നമുക്ക് അറിയാം ഏഴു ദിവസവും പോരാ അതിന് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അഞ്ച് സെഷൻ കിട്ടിയില്ലേ അല്ലെ എന്നിട്ട് നമുക്ക് ഇനി കിട്ടിയാലേ രണ്ട് സെഷനേ കിട്ടുള്ളൂ സാധാരണ കണക്കില് അതും പോരാ മൃത്യുഹു സർവഹരഹ എല്ലാത്തിനെയും ഹരിക്കുന്ന മൃത്യു ഞാനാണ് മൃത്യു ഇല്ലെങ്കില് ലോകം എന്ത് ഗതിയിലാവും ജ്ഞാനമും ഒരു തരത്തില് മൃത്യുവാണ് അഹങ്കാരത്തിനെ ഇല്ലാതാക്കുന്ന മൃത്യുവാണിത് മൃത്യു സർവഹരശാഹം ഉദ്ഭവ് ഭവിഷ്യത ജനിക്കാൻ തുടങ്ങുന്നവയുടെ ഉദ്ഭവം ജാനാണ് കീർത്തി സ്ത്രീകളിൽ കീർത്തി ശ്രീ വാക് സ്മൃതി മേധാ ക്ഷമ ഇതൊക്കെ ബൃഹത്സാമീന്ദമഹം മാർഗാണാം മാർഗ ശീർഷോഹം മാസ ശീർഷം ഋതൂനാംസുമാകര സാം സാമവേദത്തിലെ ഗാനങ്ങളിൽ ബൃഹത്സാമം എന്ന് പറയണത് ഞാനാണ് ബൃഹത്സാമം സാമത്തിലെ പല വിശേഷങ്ങളുണ്ട് അതിൽ ബൃഹത്സാമം എന്ന് പറയണത് ഞാനാണ് ഛന്ദസുകള് ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ഠു ബൃഹത്തി പങ്ക്തി ഇതിൽ ഈ ഛന്ദസില് ഗായത്രി ഛന്ദസ്സാണത്രേ അവസാനമായി ആ സോമത്തിനെ കൊണ്ടുവന്നു അതുകൊണ്ട് ഗായത്രി ഛന്ദസ് ഞാനാണ് ഛന്ദസാം ഗായത്രി മാസങ്ങളിൽ മാർഗശീർഷം ധനുമാസം അത് ഞാനാണ് മാസാണാം മാർഗശീർഷവും ഏറ്റവും പ്രസന്നമായ മാസം ദേവന്മാരുടെ ഒക്കെ ബ്രാഹ്മ മുഹൂർത്താണ് തന്നത് കാലമത്ര പ്രസന്നമാണ് ഋതുക്കളിൽ ഞാൻ കുസുമാകരഹ വസന്ത ഋതു പുഷ്പങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന വസന്തകാലം ഞാനാണ് അടുത്ത ശ്ലോകം ദ്യൂതം ഛലയതാമസ്മീ തേജസ് തേജസ്വി ജയോസ്മി വ്യവസായം സത്വതാമഹം പരസ്പരം കളിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ ദ്യൂതം ചൂതുകളി ഞാനാകുന്നു ചൂതുകളിയും ഞാനാണ് വെച്ചാൽ ആ ചൂതുകളി വെച്ചിട്ടാണ് അർജുന നിങ്ങൾക്കൊക്കെ നഷ്ടാക്കിയത് ഓർത്തുള്ള ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നാണ് ചൂതുകളിയുടെ രൂപത്തില് ദ്യൂതം ഛലയ താമസ്മി നിങ്ങളുടെ പ്രാരബത്തിനും ഒരു ടേണിങ് പോയിന്റ് എന്നത് ആ ചൂതുകളിയാണ് അത് ഞാനാണ് തേജസ് തേജസ്വി നാം തേജസ്വികളിൽ തേജസ് ജയം ഞാനാണ് ജയിക്കാൻ വേണ്ടി ഒരാളുടെ ഉദ്യമം വ്യവസായ ബുദ്ധി അത് ഞാനാണ് ത്വികന്മാരുടെ സത്വഗുണം ഞാനാണ് പൗരുഷമുള്ളവരിലുള്ള പൗരുഷം ജാനാണീന വാസുദേവോസ്മി പാണ്ഡവാനഞ്ജയ മുനീനപ്യഹം വ്യാസ കവീനം ഉശന കവി ഇങ്ങനെ പലതും പറയുമ്പോൾ വൃഷ്ണികളിൽ ഞാൻ ഈ രൂപത്തിലാണ് വാസുദേവൻ കൃഷ്ണൻ വൃഷ്ണീനാമഹം വാസുദേവ പാണ്ഡവനിൽ നീയാണ് അർജുന ഞാൻ അതുകൊണ്ടാണ് നിനക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് പാണ്ഡവാനാ ധനഞ്ജയ പാണ്ഡവനിൽ ഹേ അർജുന നീ ഞാനാണ് പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം മുനികളിൽ ഞാൻ വ്യാസനാണ് മുനീനാമപ്യഹം വ്യാസ അദ്ദേഹമാണ് ഈ ഏടാകൂടത്തിന് മുഴുവൻ ഒരു മൂല കാരണം മഹാഭാരതത്തിന് അല്ലേ പറഞ്ഞാൽ വ്യാസന്റെ രൂപത്തിൽ ഇരുന്ന് ഈ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരനും ഒക്കെ ഉണ്ടായിരുന്നു മുതൽ ഒക്കെ വ്യാസന്റെ തന്നെ കഥയാണ് ഭാരതം ഒരുവിധത്തിൽ പറഞ്ഞാൽ മുനീനാമപ്യഹം വ്യാസ വ്യാസ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയും ജഗത് മുഴുവൻ വ്യാസന്റെ ഉച്ഛിഷ്ടമാണ് വ്യാസനായിട്ടിരുന്നത് ഞാൻ തന്നെയാണ് ഹേ അർജുന മന്ത്രദഷ്ട്രാക്കളില് ശുക്രാചാര്യര് ഞാനാണ് അസുരന്മാരുടെ ഇടയിൽ ഇരുന്ന് ഓരോ ടെക്നിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ ഞാനാണ് അർജുന എന്നത് അവരെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലെയിൻ എടുത്തിട്ട് പോയിട്ട് ട്രേഡ് സെന്റർ പോയി ഇടിക്കൂന്നൊക്കെ പറയണത് ഞാനാണ് രംഗനാഥാന സ്വാമി ഒരിക്കലും പറഞ്ഞേനോളൂ അവിടെയൊക്കെ ആ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ അസുർ അബ്ദുള്ള അസുർ അലി ഖാൻ അസുർ അമീർ ഖാൻ ഒരുപാട് കാണും അത്ര പേരെങ്ങനെ ഊഷനാ കവിഹി മന്ത്രദൃഷ്ടാവായിട്ട് അവർക്കും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ ഇവിടെ അങ്ങോട്ട് കൊളുത്തിവിടുക അവിടെ അങ്ങോട്ട് കൊളുത്തിവിടാതൊക്കെ ഞാൻ എന്റെ പണിയാണ് കവീനാം ഉഷനാ കവിഹീൻ ദോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാ മൗനം ജൈവാസ്മി കുഹ്യനാം ജ്ഞാനം ജ്ഞാനവതാമഹം ജീവികളെ നിലനിർത്താനുള്ള ദണ്ഡം തല്ലുന്നവകളിൽ കോലാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം ദണ്ഡോ ദമയതാമസ്മി മനുഷ്യരെ നിലയ്ക്ക് നിർത്താനുള്ള ധർമ്മശാസ്ത്രം അത് ഞാനാണ് നിയമനം ചെയ്യുന്ന നിയമവ്യവസ്ഥ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പ്രകൃതിയിൽ അനേക ദണ്ഡങ്ങൾ നമ്മൾ കാണും അത് നമ്മൾ വിസ്തരിച്ച് നോക്കുമ്പോൾ പറയാം ദണ്ഡം എന്തൊക്കെ വിധത്തിലുണ്ട് പ്രകൃതിയിൽ അതൊക്കെ ഭഗവാന്റെ ശക്തികളാണ് ശക്തിവിശേഷങ്ങളാണ് ദണ്ഡോ ദമയതാമസ്മി നീതിരശ്മി ജിഗീഷതാം ജയിക്കാൻ നോക്കുന്നവര് നീതിയെ എവിടെ പിടിച്ചിരിക്കണോ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ എത്തോ ധർമ്മ തത്തോ ജയ വിദുര നീതി വിദുരനെ വിളിച്ച് ധർമ്മ ധൃതരാഷ്ട്രം ചോദിക്കുന്നു നീതി പറയൂ എന്നാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഞാൻ നീതിയാണ് രഹസ്യമായിട്ടുള്ളവരുടെ മൗനം ഞാനാണ് മൗനം ജൈവാസ്മി ഗുഹ്യാന വളരെ ആഴമുള്ളവരുടെ മൗനമുണ്ടല്ലോ ആ മൗനം എന്റെ സ്വരൂപമാണ് മൗനം ജൈവാസ്മി ഗുഹ്യാന ഗുഹ്യന്മാര് യോഗികളാണ് അവരുടെ മൗനം ഞാനാണ് രഹസ്യങ്ങളിൽ മൗനം ഞാനാണ് ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഗുഹ്യൻ എന്നൊരാള് വ്യക്തികള് യോഗികള് ജ്ഞാനികള് ജ്ഞാനികളുടെ എന്ന് അർത്ഥ എടുക്കാം ഗുഹ്യം ഗുഹ്യ ജ്ഞാനി അവന്റെ മൗനം ഞാനാണ് പിന്നെയോ രഹസ്യമായിട്ടുള്ളതുകളിൽ മൗനം ഞാനാണ് രഹസ്യം പുറത്തുവിടാതിരിക്കാൻ മുഖ്യമായിട്ട് വേണ്ടത് എന്താ മൗനം ഗുഹ്യാനാം മൗനം പിന്നെ മൗനം വളരെ ഗുഹ്യമായ വിഷയമാണ് അതിൻ്റെ ബലമറിയണമെങ്കിൽ ജ്ഞാനികളും മൗനത്തിലെ ജ്ഞാനികളുടെ മൗനം വളരെ പ്രബലമാണ് ചില വൈഷികന്മാരുടെ മൗനം വളരെ പ്രബലമാണ് ചിലരുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മൗനം തന്നെ നമ്മൾ ഡിപ്രസ് ചെയ്യും മൗനം ചെയ്യാസ് ഗുഹ്യനം ജാനവതാമഹം ജ്ഞാനികളുടെ ജ്ഞാന ഉണ്ടല്ലോ അർജുന അത് ജാനാണ് ജ്ഞാനികളുടെ ഉള്ളിലുള്ള ജ്ഞാനം ജ്ഞാനാണ് അടുത്ത ശ്ലോകം യാതീ തദ്ഹമർജുന തദ്സ്തി വിനത് മയാ ഭൂതം ചരാശരം ഹേ അർജുന സർവഭൂതാനാം ബീജം അഹം എല്ലാ പ്രാണികളുടെയും മൂല ബീജം വിത്ത് ഞാനാണ് ആ സ്പീഷിയൊക്കെ നശിച്ചു പോവും ബീജമൊന്നും നശിച്ചുപോകില്ല എന്താ പഴയ കാലത്ത് ഡിനോസറസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ബീജമൊക്കെ അവിടെ കിടക്കും എപ്പോഴാ വരിക എന്ന് പറയാൻ വയ്യ ഏതെങ്കിലും യുഗത്തിൽ ഏതെങ്കിലും കാലത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ആ ബീജം വീണ്ടും വരും ബീജത്തിന് നാശയുണ്ടാവില്ല ആ സ്പീഷി നശിക്കില്ല പുറമേക്കാണ് നശിച്ചുപോയി എന്നൊക്കെ പറയണത് ഇതൊരു മാധ്യമ സിദ്ധാന്തത്തിലൊരു മുഖ്യ സിദ്ധാന്തമാണ് അവർ ഇത്ര കോടി സ്പീഷി ഇത്ര ലക്ഷം അതുണ്ട് അത് ഒരു കറത്ത് നശിക്കില്ലാന്നാണ് ആ ബീജം അതേപടി ഉണ്ടാവും അതിന്റെ മാനിഫെസ്റ്റഡ് ഫോമേ നശിക്കാൻ പറ്റുള്ളൂ അതിന്റെ സൂക്ഷ്മം അതാണ് അവർ പറയണത് ജീവൻ വ്യക്തിത്വം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഒരു ഡയമെൻഷനിൽ സത്യമാണ് അപ്പൊ നിങ്ങൾ പറയണത് വ്യക്തിത്വം ഇല്ല എന്ന അദ്വൈതികൾ പറയണതോ സത്യമാണ് അപ്പൊ വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതും വ്യക്തിത്വം എന്ന് പറയണതും എങ്ങനെ ശരിയാവും വ്യക്തിത്വ രൂപത്തിലൊക്കെ ഇരിക്കണത് ഏകമേവ അത്രയും ഞങ്ങൾ പറയണുള്ളൂ നിങ്ങൾക്ക് എത്ര വ്യക്തിത്വം വേണമെങ്കിൽ ഉണ്ടാവാം എത്ര സ്പീഷി വേണമെങ്കിൽ ഉണ്ടാവാം എൺപത്തിനാല് ലക്ഷം ഉണ്ടാവാം ജീവൻ ജീവനായിട്ടിരിക്കാം ഈശ്വരൻ ഈശ്വരനായിട്ടിരിക്കാം ജീവനും ജീവനും വ്യത്യാസം ഉണ്ടാവാൻ ജടത്തിനും ജടത്തിനും വ്യത്യാസം ഉണ്ടാവാം എല്ലാ വ്യത്യാസത്തോടു കൂടിയും എല്ലാ രൂപത്തോടുകൂടിയും ഏകം സത് ദ്വൈതം തദ്ദ ഉച്ച അദ്വൈതം പരമാർത്ഥോഹി അപ്പൊ ആ ബീജത്തിന് നാശമേ ബീജം അവിടെ സൂക്ഷ്മരൂപത്തിൽ അവിടെ കിടക്കണു ബീജത്തിന് ഒരിക്കലും നാശമില്ലാതെ ആ ബീജം അവിടെ സൂക്ഷ്മരൂപത്തിൽ അവിടെ കിടക്കും ആ ബീജം ഞാനാണ് നായത്സ്യാത് മയാഭൂതം ചരാചരം എന്നെ കൂടാതെ വേറെ ഒന്നുമില്ല അർജുന യാഭൂതം ചരാചരം ഈ ചരവും അച്ചരവും ഒക്കെ എന്നെ കൊണ്ട് വ്യാപിച്ചിരിക്കണു ഞാൻ എല്ലാത്തിലും പ്രാ തത് സൃഷ്ടുപ്രാവിശത്ത് സാഭവത്ത് നിരുക്തഞ്ചാ നിരുതഞ്ച നിളയനഞ്ച വിജ്ഞാനം ചാവിജ്ഞാനം ചത്യഞ്ചൃതഞ്ച ശ്രുതി പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചു പ്രവേശിച്ച് എല്ലാമായിട്ട് തീർന്നു നല്ലതും ചീത്തയും പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും നിരുക്തവും അനിരുക്തവും ഒക്കെ ആയിട്ട് നിൽക്കണു ഏഷ തൂദ്ദേശത്ത് പ്രോക്തൂർവിസ്തരോ മയാ എന്റെ വിഭൂതിക്ക് അന്തമില്ല അർജുന അന്ത അതി ഒരു ഉദ്ദേശത്തില് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ വിഭൂതേഹ് വിസ്തര വിഭൂതിയുടെ വിസ്താരം ഇനിയാണ് വേണ്ടത് ഒരു ഉദ്ദേശത്തില് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇതിന് അന്തമൊന്നുമില്ല അർജുന പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എവിടെയൊക്കെ ശ്രേഷ്ഠമായിട്ട് എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ തന്നെ എന്റെ വൈഭവമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക അർജുന യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവത്വം മമതേജോംശ സംഭവം എവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ വിഭൂതി വിശേഷമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഐശ്വര്യം കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അറിഞ്ഞുകൊള്ളുക അർജുന എന്റെ തേജസ് നിന്ന് എന്റെ സാന്നിധ്യം കൊണ്ടാണത് ഇത്രയൊക്കെ പറഞ്ഞത് ഇനി എന്തിനാ അപ്പൊ കൂടുതൽ പറയണത് അഥവാ ബഹുനൈതേനും വിഷ്ടഭ്യഹമിതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത് ഇത്രയൊക്കെ എന്തിനാ അറിയണത് ഒരു അംശം ഒരൽപം കൊണ്ട് ഞാൻ ഈ വിശ്വത്തിനെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു ഹേ അർജുന ഇതം കൃഷ്ണം വിഷ്ടബ്യ അഹം ഏകാംശേന സ്ഥിത ഒരംശം കൊണ്ട് ഈ വിശ്വം മുഴുവൻ ആയിട്ട് നിൽക്കണു ബാക്കിയുള്ള നീ കണക്കാക്കിക്കൊള്ള ഇപ്പൊരുത്തന്നെ ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഭൂമി എന്നൊക്കെ ചെറിയ അല്പം ഇല്ലേ അന്വേഷിച്ചു നോക്കിയാൽ വിശ്വത്തില് പ്രപഞ്ചത്തില് ഇതിനൊരു അന്തമേ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണു അതുപോലെ തന്നെ ഭഗവാന്റെ വിഭൂതിക്കും അന്തമല്ല ഇവിടെ നമ്മൾ ഈ ഭഗവത്ഗീത സമാപി ഇവിടെ സമർപ്പണം ചെയ്യാണ് ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു യജ്ഞപ്രസാദം ശാരദാ അഷ്ടകം എന്ന് പറഞ്ഞൊരു യജ്ഞപ്രസാദം കൊടുക്കുന്നുണ്ട് അതിപ്പോ പറഞ്ഞ പോലെ ഈ സന്ദർഭത്തിന് ഉപയോഗിച്ചു നമ്മള് ശാരദാദേവി ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവിയുടെ അടുത്ത് നമുക്ക് അധ്യാത്മ എന്തൊക്കെ വേണം അതൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു അഷ്ടകാണ് അതിവിടെ ഇപ്പോ മലയാളത്തിലെ ശ്ലോകം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അത് അർത്ഥത്തോടു കൂടെ സംസ്കൃതവും ഇംഗ്ലീഷും ആയിട്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കണ്ട് ഇവിടെ ഈ ശങ്കരാചാര്യരുടെ ജീവചരിത്രമായ ആത്മതീർത്ഥം ആ പരമഹംസ സംഹിത നമ്മൾ ഇന്ന് പ്രകാശനം ചെയ്തു ഇത് എത്ര കണ്ട് നമുക്കിത് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷത്തിനോ സമ്മാനമായിട്ടോ മറ്റൊക്കെ കൊടുക്കുമ്പോൾ ഈ ഗ്രന്ഥം കൊടുക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ മുഴുവൻ അതെത്തും ആചാര്യസ്വാമിയെക്കുറിച്ചുള്ള ഒരു ധാരണ വളരെയധികം വിശദമാവാനുണ്ട് നമുക്ക് ആചാര്യസ്വാമിയുടെ ചരിത്രവും സ്തോത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദിവ്യഗ്രന്ഥമാണത് അത് ഇവിടെ ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആർക്കെങ്കിലും കൊടുക്കാനും കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ അത് എത്തിച്ചു കൊടുക്കാനോ ഒക്കെ ഒരു വലിയ നമുക്ക് ചെയ്യേണ്ട ഒരു വലിയ ഒരു ഉദ്യമമാണത് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ പ്രകാശനം എന്ന് പറയണത് വളരെയധികം ശ്രദ്ധയും ആദരവോടു കൂടെ ഒരുപാട് പേര് തപസ് ചെയ്തിട്ടാണ് ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് അതിലെ പടങ്ങളും അത്രയും നല്ല പേജും വലിയ വലിയ അക്ഷരങ്ങളും ആയിട്ട് അതുകൊണ്ട് ഇത് ഒരു ഒരുപാട് പേരുടെ ഒരു ഉദ്യമമായിരുന്നു ഇതിനു വേണ്ടിയിട്ട് അതൊരു ഈശ്വരൻ നിയത്തിയാവന്നതാണ് ഒരു ദിവ്യഗ്രന്ഥം അത് ഭക്തിയോട് ഭാഗവതം പോലെ രാമായണം പോലെ ഭഗവത്ഗീത പോലെ സൂക്ഷിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് അതിൽ ആചാര്യസ്വാമികളുടെ രചന ചെയ്ത സ്തോത്രങ്ങളുടെ ഒക്കെ പ്രതിപാദന ഉണ്ട് പ്രകരണഗ്രന്ഥങ്ങളുടെ പ്രതിപാദന ഉണ്ട് ഭാഷ്യത്തിൻ്റെ പ്രതിപാദന ഉണ്ട് എല്ലാത്തിൻ്റെയും ഒരു സംഗ്രഹരൂപമുണ്ട് നിത്യപാരായണം പോലെ ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് ഹര നമു പാർവതീപതേ ഹരഹര മഹാദയോ മതി ത്വമോ നാച്യം മമ കിഞ്ചിസ്തിയതപേഷ്ടുരുമാത്മനം രമണ ഭ